അധ്യായം സെക്സ്കോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്നുനാൾ കഴിഞ്ഞ ശേഷം കൈച്ചേരിയിൽ നിന്ന് എരിശിലെമിലേക്ക് പോയി അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൌലോസിന്റെ നേരെ അവന്റെ സന്നദ്ധിയിൽ അന്യായം ബോധിപ്പിച്ചു ദയച്ചെയ്ത് അവന് എരുശിലെമ്മിലേക്ക് വരുത്തേണ്ടതിന് അവർ പൌലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു വഴിയിൽ വച്ച് അവനെ ഒടുക്കിക്കളവാൻ അവർ ഒരു പതിയിരുപ്പ് നിർത്തി അതിന് ഫെസ്കോസ്റ്റ് പൌലോസിനെ കൈശരിയയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട് നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യന്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അവനേകദേശം എട്ട് പത്ത് ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈച്ചരിയക്ക് മടങ്ങിപ്പോയി പിറ്റേന്ന് ന്യായാസനത്തിൽ ഇരുന്ന് പൌലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു അവൻ ഒന്നാറെ യെരുസലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്ന് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ ദൈവാലയത്തോടാകട്ടെ കൈശരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിവാദിച്ചാറെ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഫെസ്കോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാനിച്ച് പൌലോസിനോട് യരുസലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൌലോസ് ഞാൻ ഖൈസ്റ്ററുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്നുവരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചുകൊടുക്കാൻ ആർക്കും കഴിയുന്നതല്ല ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സെസ്റ്റോസ് തന്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസരുടെ അടുക്കള നീ പോകും എന്ന് ഉത്തരം പറഞ്ഞു ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അഗ്രിപ്പ രാജാവും ബെർണീക്കയും ഫെസ്റ്റോസിനെ വന്നാൻ ചെയ്യുവാൻ കൈസരിയിലെത്തി കുറെ നാൾ പാർക്കുമ്പോൾ എസ്കോസ് പൌലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത് ഫേലിക്സ് വിട്ടേച്ചുപോയൊരു തടവുകാരനുണ്ട് ഞാൻ എരുസലേമിൽ ചെന്നപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എന്റെ അടുക്കൽ വന്ന് അവന്റെ നേരെ അന്യായം ബോധിപ്പിച്ച് വിധിക്കപേക്ഷിച്ചു എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിവാദിക്കാൻ ഇട മുമ്പേ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 ചില തർക്കസംഗതികളെ കൊണ്ടുവന്നതേക്കുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായികയാൽ നിനക്ക് എരുസലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ പൌലോസ് ചക്രവർത്തി തിരുമനസിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് അഭയം ചൊല്ലുകയാൽ കൈസറുടെ അടുക്കൽ അയച്ചോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു ആ മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്റ്റോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്നവൻ പറഞ്ഞു പിറ്റേന്ന് അഗ്രിപ്പാവ് വെർണീക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു സഹസ്രാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറേ ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൌലൂസിനെ കൊണ്ടുവന്നു അപ്പോൾ അഗ്രിഫ രാജാവെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ യഹൂദന്മാരുടെ സമൂഹമെല്ലാം ഏരിശലേമിലും ഇവിടെയും വെച്ച് എന്നോടപേക്ഷിക്കുകയും അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ അവൻ മരണയോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു അവൻ തന്നെയും ചക്രവർത്തി തിരുമനസിലെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണം എന്ന് വിധിച്ചിരിക്കുന്നു അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായത് ഒന്നുമില്ല അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതുമുണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു തടവുകാരനെ അയയ്ക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു